പിന്നീട് നബിസ് അള്ളാഹുഅലഹി വസ്ലമക്ക് തുടർച്ചയായി വാഹി അവതരിക്കാൻ തുടങ്ങി അള്ളാഹു സുബാൻ സൂറത്തുൽ പറഞ്ഞു ഇനി നാം നിനക്ക് ഭാരമേറിയ ചില വാക്കുകൾ നിനക്ക് നാം അവതരിപ്പിച്ച് ഇനി നിന്റെ നാം ഭാരമേറിയ ചില വാക്കുകൾ അവതരിപ്പിക്കാൻ പോവുകയാണ് അള്ളാഹു സുബാന റസൂർഹു അലഹി വസ്ല്ലമക്ക് നൽകിയ വഹൈ അങ്ങേയറ്റം ഭാരമുള്ളതായിരുന്നു അത് അതിന്റെ ആശയം വളരെ വലുതാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം വഹൈ നേടിയെടുക്കുന്നതിൽ നബി സല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസം ചെറുതായിരുന്നില്ല അത് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു സുബാനുഹു ആല നബിമാർക്ക് വഹൈ നൽകുന്ന രൂപങ്ങൾ പഠിച്ചാൽ മതി നബിമാർക്ക് അള്ളാഹു സുബാനുഹു ആല വഹൈ നൽകിയത് പ്രധാനമായും ആറ് രൂപങ്ങളിലാണ് ആറ് രൂപങ്ങളിലാണ് വഹൈ അവതരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ രൂപം മലക്ക് നബിമാരുടെ കൽബുകളിൽ വഹൈ അവതരിപ്പിക്കുക എന്നതാണ് നബിസ്വല്ലാഹുഅലഹി വസ്ല്ലാം അവിടുത്തെ കൽബിൽ ജിബ്രിഅ അലിഹി വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കും ഹദീസുകൾ അത് വന്നിട്ടുണ്ട് ഒന്നാമത്തെ രൂപം അതാണ് രൂപങ്ങളിൽ ഒരു രൂപം അതാണ് മലക്ക് വന്ന് നേരെ പറഞ്ഞുകൊടുക്കുക അപ്പൊ കൽബിൽ മലക്കിന്റെ സംസാരം അവിടത്തേക്ക് മനസ്സിലാകും രണ്ടാമത്തെ രൂപം മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ റസൂളുള്ളയുടെ അടുക്കൽ വരും ഹരീഫു ജിബ്രി എന്ന പേരിൽ പ്രസിദ്ധമായ ഹരീഫ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ജിബ്രി അലിസ്ഹാസ്സലാമടുക്കൽ വന്നു യാ മുഹമ്മദ് അഹ്ബർ അൽ ഇസ്ലാം മുഹമ്മദ് കുറിച്ച് പറഞ്ഞു തരണം യാ മുഹമ്മദ് അഹബർ അൽ ഇമാൻ ഇമാനെ കുറിച്ച് പറഞ്ഞു തരണം എഹ്സാനിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞുതരണം അന്ത്യനാൾ എപ്പോഴാണ് അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച പ്രസിദ്ധമായ ഹദീസ് അതിൽ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് ഇമാൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ റസൂൾ വിശദീകരിച്ചു ആ ഹദീസിൽ ജിബ്രിൽ അലി ഹുസലാത്തു വസ്സലാം നബിസാഹു അലി വസ്ലമിയുടെ അടുത്തൽ മനുഷ്യരൂപത്തിൽ വരികയാണ് ചെയ്തത് വഹീന്റെ രൂപങ്ങളിൽ വളരെ എളുപ്പമുള്ള രൂപം ഇതാണ് മൂന്നാമത്തെ രൂപം നബിസല്ലാഹു അലി വസ്ല്ലം അവിടുത്തേക്ക് വന്നിരുന്ന സ്വപ്നങ്ങളാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് റസൂൾ ഉള്ള വഹയെ ആരംഭിച്ചു തുടങ്ങിയത് അതിന്റെ അടയാളങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത് റുബിയയിലൂടെയായിരുന്നു സ്വപ്നങ്ങളിലൂടെ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ പറയുന്നത് നബിമാരുടെ സ്വപ്നങ്ങൾ വഹയാണ് റസൂൾ അഹി വസ്സാമിയുടെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു അവിടുന്ന് ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കണ്ണു മാത്രമേ ഉറങ്ങുകയുള്ളൂ കൽബുറങ്ങുകയില്ല അതുകൊണ്ട് തന്നെ സ്വപ്നം അവിടുന്ന് വ്യക്തമായി കാണും ആ സ്വപ്നങ്ങളിൽ അവിടത്തേക്ക് യാതൊന്നും തെറ്റായി നൽകപ്പെടുകയില്ല അതുകൊണ്ട് അവിടുത്തെ സ്വപ്നം എന്തായിരുന്നു പഹയായിരുന്നു മൂന്നാമത്തെ രൂപം അതാണ് നാലാമത്തെ രൂപം മലക്ക് മലക്കിന്റെ പൂർണമായ രൂപത്തിൽ വരിക ജിബ്രിഅ അലിഹുസ് വസ്സലാം ജിബ്രീലിന്റെ രൂപത്തിൽ തന്നെ വരിക അതിന് അബിസ്വല്ലാ വസ്സലാമക്ക് രണ്ട് തവണ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെറാ ഗുഹയിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത് മറ്റൊന്ന് ഇസ്ലാമിഅറാജിന്റെ സമയത്ത് സിദ്റത്തുൽ മുൻഹ എന്ന സ്വർഗ്ഗത്തിലെ മരത്തിന്റെ അടുക്കൽ വെച്ച് നബിസല്ലാഹ് അലിഹി വസ്ല്ലം ജുബ്രീലിനെ ജുബ്രീലിന്റെ പൂർണ്ണമായ രൂപത്തിൽ കണ്ടിട്ടുണ്ട് ഇൻഷാ ഇസ്ലാമി രാജ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് കേൾക്കാം അതുപോലെ തന്നെ അഞ്ചാമത്തെ രൂപം നബിസുലഹ അലഹി വസല്ലമ്മക്ക് മണി കിലിങ്ങുന്ന ശബ്ദത്തിൽ അവിടുത്തേക്ക് വഹരി വരും അവിടുന്ന് മണി കിലിങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കും അതിനിടയിൽ നിന്ന് നബിസ് അലിഹു വസ്ലം വഹൈ മനസ്സിലാക്കും അവിടത്തേക്ക് ഏറ്റവും പ്രയാസമുണ്ടായിരുന്ന രൂപങ്ങളിലൊന്നാണ് ഇത് അള്ളാഹു അവിടുന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം റസൂലയോട് ചിലർ ചോദിച്ചു അള്ളാഹുന്റെ റസൂൽ അങ്ങനെയാണ് വഹയി എത്തുന്നത് അപ്പോൾ റസൂൾ പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ എനിക്ക് വഹയ് എത്തുക മണിയുടെ കിലുക്കം പോലെയാണ് മണി കിളിങ്ങുന്ന ശബ്ദത്തിലാണ് വഹുവ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള വഹയിന്റെ രൂപം അതാണ് ആ ശബ്ദം എന്നിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോഴേക്ക് വഹൈ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും മണിയുടെ ശബ്ദത്തിലാണ് ചില സന്ദർഭത്തിൽ അലി വസല്ലമക്ക് വഹൈ കേട്ടി വഹൈ ചിലപ്പോൾ ലഭിച്ചിരുന്നത് നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ റസൂൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ വഹൈ റസൂൾ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ അവിടുത്തെ നെറ്റി ഉയർത്തിട്ടുണ്ടായിരിക്കും ചില ഹദീസുകൾ കാണാം മുത്തുകൾ പൊഴിയുന്നതുപോലെ റസൂളുള്ളയുടെ നെറ്റിയിൽ നിന്ന് വേർപ്പുറ്റി താഴോട്ട് വീടുമായിരുന്നു ഞാൻ വഹയിന്റെ കാഠിന്യം കാരണത്താൽ കാരണം പണ്ഡിതന്മാർ പറഞ്ഞു റഹീമാബ് അദ്ദേഹം പറഞ്ഞതായി കാണാം റസൂൾ മനുഷ്യനാണ് അവിടത്തേക്ക് നൽകപ്പെടുന്ന സന്ദേശമാകട്ടെ ആകാശലോകത്ത് അത് താങ്ങുക എന്നത് അത് അത് പിന്നെ വഹിക്കാൻ സാധിക്കുക എന്നതിന് വലിയ ശക്തി ആവശ്യമാണ് മറ്റു വല്ലവരുടെയും മേലെയാണ് അത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ചിലപ്പോ അവർ തകർന്നുപോടും ഈ ഖുർആാനും നാം ഒരു പർവ്വതത്തിന്റെ മീത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് തകർന്നു പോകുന്നത് നിനക്ക് കാണാമായിരുന്നു പക്ഷെ നബുസാഹു അലി വസ്ല്ലമയുടെ മേലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് അവിടുന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധരായിരുന്നു അപ്പൊ അത് വഹയിന്റെ രൂപങ്ങളിൽ ഒരു രൂപമാണ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം ചിലപ്പോൾ ഈ വഹയിൽ ലഭിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അലഹുവിന്റെ ഹദീസിൽ കാണാം ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ആയത്തെ അവതരിപ്പിച്ചു അപ്പൊ റസൂൾ എന്റെ അടുക്കൽ ഇരിക്കുകയാണ് സല്ല അള്ളാഹു അലഹി അവിടുത്തെ കാല് എന്റെ തുടയുടെ മേതെയാണ് എന്റെ മേലെ ചാരിയിട്ടാണ് റസൂൾദ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ വഹയിറങ്ങുമ്പോൾ അവിടുത്തെ കാലിന്റെ മേലുള്ള ഭാരം വർദ്ധിച്ചു എത്ര വരെ ഞാൻ പേടിച്ചുപോയി എന്റെ എല്ല് പൊട്ടിപ്പോകുമോ എന്ന് അത്രമാത്രം സുഹൃങ്ങൾക്ക് ഭാരം വർദ്ധിച്ചു വഹൈ അവതരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ നബുസ്വല്ലാഹു അലി വസ്ല്ലം ചില സന്ദർഭത്തിൽ വഹ ലഭിക്കുന്ന വേളകളിൽ പ്രയാസപ്പെട്ടിരുന്നു അതാണ് ഫുർആാൻ അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം നാം നിനക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ ഭാരമുള്ള വാക്കുകളാണ് അത് സ്വീകരിക്കുക എന്നത് ഭാരമുള്ള കാര്യമാണ് അതിൽ ആശയമാകട്ടെ വിശാലമാണ് അതുകൊണ്ടാണ് ഒരിക്കൽ ഇമഅലി ഖഫി മൊഹ്ല അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ചില ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പോ എങ്ങനെയാണ് ചോദിക്കാം ചെറിയ ചോദ്യാണ് ചെറിയ വിഷയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇമന്നാലി ഖഫീം മഹല്ല അദ്ദേഹം പറഞ്ഞു ചെറിയ ചോദ്യം എന്ന് പറയുന്നു കാരണം ദീൻ ഭാരമുള്ളതാണ് എന്നിട്ട് അദ്ദേഹം ഈ ആയത്താണ് പാരായണം ചെയ്തത് നാം നിനക്ക് ഭാരമുള്ള ഒരു കാര്യമാണ് അവതരിപ്പിച്ചത് അല്ല നിസ് വെയിറ്റ് പറഞ്ഞ കാര്യമല്ല നല്ല വെയിറ്റുള്ള കാര്യം രൂപങ്ങളിൽ ഒന്നിലാണ് അവസാനത്തെ രൂപം അള്ളാഹു സുഹാനഹുല നേരിട്ട് സംസാരിക്കുക ഒരു മറക്കു പിന്നിൽ നിന്നുകൊണ്ട് അള്ളാഹു സംസാരിക്കുക എന്നത് അതിന് അബിസാഹു അലഹുലമക്ക് സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട് നബിമാരുടെ കൂട്ടത്തിൽ അങ്ങനെ ലഭിച്ച മറ്റൊരു നബിആാരൻ ഭൂസാ നബി അലി ഹുസലാത്ത ശരി അപ്പോൾ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹുഅലുസല്ലം അവിടുത്തേക്ക് വഹൈ ലഭിക്കാൻ തുടങ്ങി റസൂളിലേക്ക് ആദ്യമാദ്യം വഹയി ലഭിക്കുമ്പോൾ വലിയ പേടിയുണ്ടായിരുന്നു ഈ വഹൈ അവിടത്തേക്ക് താങ്ങാൻ സാധിക്കുമോ അവിടുന്ന് ഇത് മറന്നുപോകുമോ ഇത് മനസ്സിലാക്കുന്നതിൽ അവിടത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമോ എന്ന് നബിസ്ാഹു അലൈഹി വസ്ല്ലം പേടിച്ചിരുന്നു അപ്പോഴാണ് സൂറത്തുൽ ആയത് അവതരിച്ചത് വഹി ലഭിക്കുമ്പോൾ അവിടുന്ന് ചുണ്ടിങ്ങനെ വേഗതയിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കും ജുബ്രിയിൽ പറയുന്നതിനോടൊപ്പം തന്നെ റസൂൽ അലൈഹി വസ്ല്ലാം വേഗതയിൽ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കും അത് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി അപ്പോൾ അള്ളാഹു സുബാൻ ആയത് അവതരിപ്പിച്ചു മനപ്പാഠമാക്കുന്നതിനു വേണ്ടി നീ നിന്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല നിനക്കത് കേൾപ്പിച്ചു തരിക എന്നത് നമ്മുടെ ബാധ്യതയാണ് നിനക്കത് ശരിയാവണ്ണം നാം കേൾപ്പിച്ചു നൽകും പിന്നീട് നീ അത് ഓദി കേൾക്കുന്നത് നാം കേൾക്കും അതെ അതുകൊണ്ടാണ് നബ്സഹ് വസ്ലമെ ഖുർആാൻ അവിടെ നിന്ന് വാഹയി സ്വീകരിച്ചിരുന്നത് എങ്ങനെയാണ് ജുബ്രിയിൽ ആദ്യം റസൂളിലൊക്കെ കൾപ്പിച്ചു കൊടുക്കും എന്നിട്ട് പിന്നീട് ജുബ്രിയിലിന് നബിസാഹു അലഹി വസ്സലം തിരിച്ചു കേൾപ്പിക്കും അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കുന്ന ഹിഫ്ല പഠിക്കുന്ന വഴികളിൽ ഏറ്റവും സലീമായ വഴി ഏറ്റവും സുരക്ഷിതമായ വഴി ഈ വഴിയാണ് ഉസ്താദ് ഏത് ഭാഗമാണോ പഠിപ്പിക്കുന്നത് അത് ആദ്യം വിദ്യാർത്ഥിക്ക് കേൾപ്പിച്ചു കൊടുക്ക അപ്പൊ അയാൾ ഒന്നും പറയരുത് ഒന്നും ഓതാനൊന്നും പാടില്ല കേട്ടു നിൽക്ക എങ്ങനെയാണ് അത് ഓതുന്നത് എന്ന് ശരിക്കു കേൾക്ക എന്നിട്ട് പിന്നെ ഈ കേട്ട വിദ്യാർത്ഥി അത് തിരിച്ച് ഉസ്താദിന് ഓദി കൊടുക്ക എന്നിട്ട് ഹിഫുൽ ആക്ക പല പല സന്ദർഭങ്ങളിലും ഹെഫുൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത് പല ആളുകൾ ആദ്യം ഇതുവരെ പഠിക്കാൻ പറയും അവർ പഠിക്കും തിരിച്ചു വന്ന് കേൾപ്പിക്കും അതിൽ ചിലപ്പോൾ കുറെ തെറ്റുണ്ടാവും അപ്പൊ അത് തിരുത്തി കൊടുക്കും അങ്ങനെയല്ല ആദ്യം ഉസ്താദ് കേൾപ്പിച്ചു കൊടുക്ക അത് കേൾക്കുന്ന സന്ദർഭത്തിൽ വേറെ എവിടേക്കും ഒരാളുടെ ശ്രദ്ധ പോവാതിരിക്ക വിദ്യാർത്ഥികൾ വേറൊന്നും ശ്രദ്ധിക്കാതിരിക്ക അത് ശരിക്കും കേൾക്കാം എന്നിട്ട് തിരിച്ച് അത് അതുപോലെ തന്നെ കേൾപ്പിച്ചു കൊടുക്ക അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക എന്നിട്ട് ഹെഫ് ആക്കാൻ അതാണ് ഹെഫിന്റെ രൂപം സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ച രൂപമാണത് അതല്ലാത്ത രൂപങ്ങൾ അനുവദനീയമാണ് പക്ഷെ ഏറ്റവും നല്ല രൂപം ഈ പറഞ്ഞ രൂപമാണ് റസോൾ അള്ളാഹി സ്വല്ലാ വസ്ലം ജിബ്രിയിൽ നിന്ന് നിന്ന് ഖുർആാൻ പഠിച്ച രൂപം ശരി അപ്പോൾ നബിസൊല്ലാ അലൈഹി വസ്സല്ലം അവിടുന്ന് ആദ്യമാദ്യം വഹി നഷ്ടപ്പെടുമോ എന്ന് പഠിച്ചിരുന്നു റസൂയുടെ അമാനത്തിന്റെ തെളിവാണത് അവിടുത്തെ ഉത്തരവാദിത്ത ബോധത്തെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവിടുന്ന് ദീൻ എത്തിച്ചു ഏറ്റവും ശ്രദ്ധ കാണിച്ചിരുന്നു മതവിദ്യാർത്ഥികളും പ്രബോധകന്മാരും കാണിക്കേണ്ട കാര്യങ്ങളിൽ അവർ പഠിക്കുന്ന കാര്യം അത് ശരിയാണോ എന്ന് അവർ ഉറപ്പുവരുത്തണം ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം അത് പഠിച്ച കാര്യം വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം എങ്ങനെങ്കിലും എത്തിച്ചു കൊടുത്താൽ പോരാ ആ പറയുന്ന കാര്യം ദീനാണ് അത് എത്തിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണോ അള്ളാഹു സുഭാനുഭവിച്ചാലും നമുക്ക് എത്തിച്ചു തന്നത് അതുപോലെ തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ക്കൾ ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം വായന നമ്മുടെ സ്വന്തം പഠനം ഇതല്ല വേണ്ടത് പണ്ഡിതന്മാരുടെ സഹായം പഠിക്കാൻ ആവശ്യമാണ് അതുകൊണ്ടാണ് കിതാബുകൾ ഒലമാക്കളുടെ കൽബാണ് അത് തുറക്കണമെങ്കിൽ അവർ വേണം ഇമാം ഷാ അബ്ദുബിറീമ അദ്ദേഹം പറഞ്ഞതുപോലെ കിതാബുകൾ പണ്ഡിതന്മാരെഴുതിയ ഗ്രന്ഥങ്ങൾ അവരുടെ കൽബാണ് ആ കൽബിന്റെ താക്കോൽ അവരുടെ തന്നെയാണ് അത് തുറക്കണമെങ്കിൽ ആ താക്കോൽ അവർ തന്നെ തരണം നമ്മൾ സ്വയം പോയിട്ട് അറബി പഠിച്ചു ആ എന്നാൽ പോയിട്ട് കിതാബ് തുറക്കുക വായിക്ക പഠിക്ക അത് അബദ്ധങ്ങളിലേക്ക് ഒരാളെത്തിക്കുമെന്ന യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നബ്സല്ലാഹ് അലി വസല്ലം അവിടുന്ന് പറഞ്ഞത് അയിൽമു പഠിക്കേണ്ട രൂപം പറഞ്ഞപ്പോൾ റസൂള്ള പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്ന് കേൾക്കുന്നു സഹാബിയാണ് ഇങ്ങനെ റസൂള്ളനത്ത് പഠിച്ചത് കേട്ടുപഠിച്ചതാണ് നിങ്ങൾ ഇപ്പോൾ എന്റെ കേട്ടു പഠിക്കുന്നു ഇനി നിങ്ങളിൽ നിന്ന് ചിലർ കേട്ടുപഠിക്കും നിങ്ങളിൽ നിന്ന് കേട്ടവരിൽ നിന്ന് ചിലർ കേട്ടുപഠിക്കും നീ പഠിക്കാനുള്ള രൂപം എങ്ങനെയാണ് കേട്ടു കേട്ടുപഠിക്കാൻ മുന്നിൽ പോയിരുന്നു പഠിക്കാൻ അത് പഠനത്തിന്റെ വടികളിൽ ഏറ്റവും ശലീമായ ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് എന്നതിൽ സംശയമില്ല ശരി നബിസ്ലി വസല്ലം അവിടുന്ന് ദാവത്ത് ആരംഭിക്കുന്നത് ഇതിനുശേഷമാണ് റസൂൾ അള്ളാഹു സുബാനുഹു പറഞ്ഞു നീ എഴുന്നേറ്റ് താക്കീത് നൽകുക മുഹമ്മദ് നബിസാഹു അലൈഹി വസ്ല്ലം അതിനുശേഷമാണ് അവിടുത്തെ ദാവത്ത് ആരംഭിക്കുന്നത് റസൂൾ ദാവത്തിന് രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട് അടിസ്ഥാനപരമായി റസൂൾ അള്ളയുടാവത്ത് രണ്ട് കാലഘട്ടങ്ങളാണ് ഒന്ന് മക്കാ കാലഘട്ടം രണ്ട് മദീനയിലെ കാലഘട്ടം ഇങ്ങനെ രണ്ട് കാലഘട്ടങ്ങളായി ബിസു അലിഹി വസല്ലമ്മയുടെ ജീവിതത്തെ നമുക്ക് ഉയർത്തിരിക്കാം മക്കയിലെ കാലഘട്ടവും മദീനയിലെ കാലഘട്ടം മക്കയിലെ കാലഘട്ടം അത് പ്രധാനമായും രണ്ട് അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട് മക്കയിലെ കാലഘട്ടം രണ്ട് അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒന്ന് രഹസ്യ പ്രബോധനത്തിന്റെ കാലം രണ്ട് പരസ്യമായ പ്രബോധനത്തിന്റെ കാലം ഇങ്ങനെ രണ്ട് കാലഘട്ടങ്ങൾ നബിസല്ലാ അലി വസ്സലമയുടെ പ്രബോധനത്തിന് ഉണ്ടായിട്ടുണ്ട് മദീന കാലഘട്ടവും ഇതുപോലെ തന്നെ വേർതിരിച്ചിട്ടുണ്ട് മദീനയിൽ മൂന്ന് കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിഷാധ മദീന കാലഘട്ടം വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും മദീനയിൽ മൂന്ന് കാലഘട്ടമുണ്ട് ആദ്യത്തെ കാലഘട്ടം ഫിത്തനയുടെ കാലഘട്ടമാണ് ജൂതന്മാർ കുഴപ്പമുണ്ടാക്കും മുനാഫിർക്കീങ്ങൾ കുഴപ്പമുണ്ടാക്കും മുഷിരിക്കീങ്ങൾ ഉള്ളു കുത്തിതീർപ്പുണ്ടാക്കും അങ്ങനെ ഒരു കാലഘട്ടം ആദ്യം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാലം ഹുദിനത്തിന്റെ കാലഘട്ടമാണ് സുലഹിന്റെ കാലഘട്ടം യഹൂദന്മാരായിട്ട് കരാറ് മുഷിഖുകളായിട്ട് കരാറ് കരാറുകളുടെ കാലഘട്ടം മൂന്നാമത്തെ കാലഘട്ടം വിജയത്തിന്റെയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത കാലഘട്ടമാണ് മക്ക ഫേഷണത് ആരംഭിക്കുന്നത് ഇങ്ങനെ മൂന്ന് കാലഘട്ടം മദീനൊക്കെ ഉണ്ട് മക്ക മക്കയുടെ കാലഘട്ടം രണ്ടാണ് ഒന്ന് രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം മറ്റൊന്ന് പരസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം രഹസ്യ പ്രബോധനം മൂന്ന് വർഷം നബ്സു അസ്വലമൊക്കെ നീണ്ടുനിന്നിട്ടുണ്ട് വസൂ മൂന്ന് വർഷം രഹസ്യമായാണ് പ്രബോധനം നടത്തിയത് ആ വിഷയത്തിൽ വന്ന ഹദീദുകൾ ധാരാളമാണ് നബ്സു അല്ലാമയുടെ ഈ രഹസ്യ പ്രബോധനം മനസ്സിലാക്കി തരുന്ന ഹദീദുകൾ നബുസ് അലി വസ്ല്ലാമയിൽ നിന്ന് മുഖാരി മുസീം ധരിച്ച ഹദീദുകളിലൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഒരിക്കൽ ആമർബിൻ അദാ സുലാമി അമർ അനി അദ്ദേഹം റസൂൾടെ അടുക്കൽ വന്നു അദ്ദേഹം പറയാൻ ഞാൻ ആദ്യ കാലഘട്ടം മുതലേ ഈ വിഗ്രഹാരാധനയോട് എനിക്ക് മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ആളുകൾ ഇങ്ങനെ ഒരാളെ പറയുന്നത് കേട്ടത് എന്തൊക്കെയോ ഒരാൾ പറയുന്നുണ്ട് കുറെ പുതിയ വാദങ്ങൾ പറയുന്ന ഒരാളുണ്ട് അത് കേട്ടപ്പോൾ മക്കയിലുള്ള ഈ മനുഷ്യനെ കാണുന്നതിനു വേണ്ടി ഞാൻ എന്റെ വാഹനത്തിൽ കയറി മക്കയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ഞാൻ മക്കയിൽ വന്നപ്പോൾ ഞാൻ മക്കയിലെത്തിയപ്പോൾ റസൂൾടെ അവസ്ഥ എന്താണ് അവിടുന്ന് പാത്തും പതുങ്ങിയും ഇരിക്കുകയാണ് മുസ്തഹ പതുങ്ങിയിരിക്കണം അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അവിടുത്തെ സമൂഹമാകട്ടെ റസൂൾ ഒന്നടങ്ങ് മുഴുങ്ങാൻ വേണ്ടി കാത്തിക്കാൻ അവർ റസൂൾ ഉള്ളയെ ആക്രമിക്കാൻ വേണ്ടി നിലകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ ആരും അറിയാതെ പതുക്കെ റസൂൾ ഉള്ളയുടെ അടുക്കൽ പ്രവേശിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു മാ എൻറ്റ ചോദ്യം തന്നെ എങ്ങനെയാണ് സാധാരണ അറബിയിൽ ഒരാളോട് നീ ആരാണെന്ന് ചോദിക്കാൻ ഉപയോഗിക്കാൻ മൻ എൻറ്റ എന്നാണ് നീ ആരാണ് പക്ഷെ അദ്ദേഹം ചോദിച്ചു മാ നീ എന്താണ് എന്താണ് നിന്റെ കാര്യം അപ്പോൾ നബിസ്ലാം പറഞ്ഞു അനെ നബി യു ഞാൻ അപ്പോൾ അയാൾ ചോദിച്ചു മാ നബി യോൺ എന്താണ് ഈ നബി എന്ന് പറഞ്ഞാൽ അയച്ചതാ അള്ളാഹു നിയോഗിച്ചതാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അബി ഐ അള്ളാഹു എന്താണ് നിന്റെ അടുക്കൽ കൊടുത്തയച്ചിട്ടുള്ളത് നബിസ് അലൈ ഹുസല പറഞ്ഞു അർസലി അർഹാം അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് കുടുംബ ബന്ധം ചേർക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ് അതുപോലെ വിഗ്രഹങ്ങൾ തകർക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അവിടെ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും ഇതാണ് റസോള്ളയുടെ ദാവത്ത് ഇന്ന് പ്രബോധനത്തിന്റെ പേര് പറഞ്ഞിറങ്ങുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട കാര്യതാണ് റസൂൾ അള്ളാഹി സലാസം അവിടുത്തെ ദാവത്തിനെ മുൻപന്തിയിൽ എടുത്തു പറഞ്ഞ കാര്യം ലാഹുവിനോട് അഭിബാധത്താണ് അതുകൊണ്ടാണ് ഈ ഹജീസിന്റെ തുടക്കത്തിൽ തന്നെ ആ സഹാബി പറഞ്ഞത് എനിക്ക് ആദ്യത്തിൽ തന്നെ വിഗ്രഹങ്ങളോട് വെറുപ്പുണ്ടായിരുന്നു അത് പറയുന്ന ഒരാളെ കേട്ടപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് ശരി ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ച സഹാബികളിൽപ്പെട്ടയാളാൻ അദ്ദേഹം പറഞ്ഞു നിന്റെ ഒപ്പം ആരൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു സ്വതന്ത്രരായ കുറച്ചാൾക്കാരുണ്ട് അടിമകളുമുണ്ട് കാരണം അന്ന് റസൂൾള്ളയോടൊപ്പം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള അബുബക്കി ഖറദി അള്ളാഹാൻ അതുപോലെ തന്നെ ഹദീജറ അതുപോലെ ബിലാൽ അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ച അടിമയാണ് അടിമകളും സ്വതന്ത്രരുമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സഹാബി അദ്ദേഹം പറഞ്ഞു എനിക്ക് നിന്നെ പിൻപെട്ടണം അപ്പോൾ നിനക്ക് എന്റെ ഒപ്പം നടക്കുക എന്നതിപ്പോൾ സാധിക്കുകയില്ല നോക്ക് നിങ്ങൾ റസൂൾ ലുത്ത്ഫ് നോക്കു നിങ്ങൾ എന്റെ അനുചരനായി എന്നോടൊപ്പം നിൽക്കുക എന്നത് നിനക്കിപ്പോൾ സാധിക്കില്ല എന്നിട്ട് അവിടെ പറഞ്ഞു ജനങ്ങൾ എന്നോട് എങ്ങനെയാണ് എന്ന് നീ കാണുന്നില്ലേ എന്റെ അവസ്ഥയും ജനങ്ങളവസ്ഥയും നീ കാണുന്നില്ലേ നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുക ഞാൻ വിജയിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമെത്തിയാ നീ എന്റെ അടുക്കൽ വരുക തിരിച്ചു പറഞ്ഞേക്കാൻ കാരണം ചില ആൾക്കാർക്ക് താങ്ങാൻ പറ്റുള്ളൂ